നമുക്ക് തുടർച്ചയായ രണ്ട് രണ്ടാമത്തെ ദിവസം ഇന്ന് ദൈവസന്നിധിയിലെ സഭയായിട്ട് കൂടാനിടയാക്കിയല്ലോ ഇന്നലെ ഉപവാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനിടയായി അതിൻ്റെ തുടർച്ചയും ഭാഗവുമായിട്ട് ഇന്നും വീണ്ടും നമുക്ക് സഭയായിട്ട് ദൈവസന്നിധിയിൽ ഒത്തുചേരാനിടയായല്ലോ പ്രിയപ്പെട്ടവരെ ഈ ദിവസം നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രിസ്തീയ സഭകൾ ആ നിലയിൽ കർത്താവിൻ്റെ ഉയർപ്പിനെ അങ്ങനെയൊക്കെ ചിന്തിക്കുകയും ആചരിക്കുകയും അവരുടേതായ രീതിയിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പ് അത് നമുക്ക് തരുന്ന വെല്ലുവിളികൾ നമുക്ക് തരുന്ന ഉത്സാഹങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ ശിഷ്യന്മാരുടെ ജീവിതത്തോട് ചേർന്ന് നമുക്ക് വളരെ വേഗത്തിൽ ചില കാര്യങ്ങളെ ചിന്തിക്കാം യോഹനൻ്റെ സുവിശേഷം അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പല വിധത്തിലെ വളരെ മനോഹരമായ ഒരു അധ്യായമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശേഷം കർത്താവ് പലർക്ക് അപ്രത്യക്ഷപ്പെടുകയും ഇടറിപ്പോയിരുന്ന പലരെയും കർത്താവ് തിരിച്ച് തൻ്റെ സ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് പത്രോസിനെ ആ നിലയിൽ കൊണ്ടുവന്ന് ശിഷ്യന്മാരെയൊക്കെ യഥാസ്ഥാനപ്പെടുത്തി എന്നാൽ പിന്നീടും പത്രോസിൻ്റെ ജീവിതത്തിലും ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഉണ്ടായ ചില കാര്യങ്ങൾ അത് വളരെ മനോഹരമായിട്ട് യോഹന്നൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഇരുപത്തി അധ്യായം സത്യത്തിൽ ഇരുപതാം അധ്യായം കൊണ്ട് യോഹന്നാൻ ലേഖനം എഴുതി അങ്ങ് അവസാനിപ്പിച്ചു എന്നാണ് വേദപണ്ഡിതന്മാർ പലരും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ഒരു കാരണം നമ്മൾ ആ ഇരുപതാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ മുപ്പതും മുപ്പത്തിയൊന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പുസ്തകം അവസാനിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത് പോലെ യോഹനാൻ എഴുതുകയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ഓ ആമീൻ എന്ന് ചേർത്തിട്ടില്ല പക്ഷേ നമ്മൾ അത് ആ നിലയിൽ വായിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ആമീൻ അങ്ങ് പറഞ്ഞു പോകും എന്നു വെച്ചാൽ അതങ്ങ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇത്രയും യോഹനാൻ കർത്താവിനെ വളരെ അടുത്ത് നിന്ന് കണ്ടു അടുത്ത് നിന്ന് കണ്ട യോഹനാൻ എൻ്റെ കൈ തൊട്ടതും ഞങ്ങൾ ദർശിച്ചതും ഞങ്ങൾ മനസ്സിലാക്കിയതും നിലയിൽ വളരെ ഈ കാര്യങ്ങളുടെ ഒരു ആ നിലയിലുള്ള ഒരു ദൃക്സാക്ഷി എന്നുള്ള നിലയിലുള്ള ഒരു വിവരണമാണ് യോഹനാൻ നൽകുന്നത് ആ യോഹൻ ഞാൻ ഇരുപത് അധ്യായം എഴുതി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കാര്യവും ശിഷ്യന്മാരോട് അവരുടെ നടുവിൽ വന്ന് നിന്ന് അവരെ ഉത്സാഹിപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ച് തോമാസിനെയും തോമാസിനെയും യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ച് ഇത് ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകാനും ഇതെഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുന്നത് പോലെയാണ് ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാർ പലരും ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പിന്നീട് ഒരു സെക്കൻഡ് തോട്ടിൽ ഒരു രണ്ടാമത്തെ ചിന്തയിൽ എഴുതി ചേർത്തതാണ് യോഹനൻ തന്നെ എന്ന് കരുതുന്നതിന് കാരണം അതിന് എന്തുകൊണ്ടാണ് പിന്നീട് ഈയൊരധ്യായം കൂടെ എഴുതേണ്ടി വന്നത് നമുക്ക് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ വേദപണ്ഡിതന്മാർ പലരും ബൈബിളിൻ്റെ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ കണ്ട് ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ പറയുന്ന ചില അഭിപ്രായങ്ങൾ പ്രസക്തമായിട്ടുള്ളത് നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല ഈ ഇരുപത്തി ഒന്നാം അധ്യായം എഴുതാൻ യോഹനെ സത്യത്തിൽ പ്രേരിപ്പിച്ചത് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് അവിടെ എന്താ കാണുന്നത് ആകെയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു യേശുവോ അവൻ മരിക്കയില്ല എന്നല്ല ഞാൻ വരുവോളം ഇവനിരിക്കണം എന്നെനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്നത്രേ അവനോട് പറഞ്ഞത് എന്താ ഈ കാര്യം നമുക്ക് ആ പശ്ചാത്തലം അറിയാം പത്രോസിനെ കർത്താവ് മുഖാമുഖമായിട്ട് ഇടപെട്ട് അവനെ സ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചില സൂചനകൾ അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിലും ഒക്കെ കൊടുത്ത് പത്രോസിനോടുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പം പത്രോസ് തൻ്റെ സ്വാഭാവികമായ രീതിയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാ സ്നേഹിച്ച ശിഷ്യൻ പുറകെ വരുന്നു ഉടനെ പത്രോസ് തിടുക്കത്തി ചോദിച്ചു ആട്ടേക്കാർത്താവേ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ആകും എന്നാൽ ഇവൻ്റെ കാര്യം എങ്ങനെയാകും നമ്മളീ ആത്മീയതയിലേക്ക് വരുമ്പോഴും ഒക്കെ നമ്മുടെ ടെമ്പറമെൻറ്റ് മൊത്തത്തിൽ അങ്ങ് മാറ്റി വേറൊരാളാകുകയല്ല ചെയ്യുന്നു പുതു സൃഷ്ടിയാകുന്നു കണ്ടാലും സകലവും പുതു ആകുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന് നമ്മുടേതായ ചിന്തകളും നമ്മുടേതായ രീതികളും നമ്മുടെ സ്വാഭാവികമായ ഒരു ടെമ്പറമെൻ്റ് ഉണ്ട് അത് അതിനെക്കൂടെ അങ്ങ് മാറ്റി നമ്മളെ എല്ലാവരെയും ഒരേ അച്ചിലിട്ട് വാർത്തെടുത്ത ഓരോ റോബോട്ടുകളെ പോലെ ആക്കുക എന്നുള്ളതല്ല ദൈവം ചെയ്യുന്നത് ദൈവം നമ്മുടെ പ്രത്യേകതകളോടുകൂടെ തന്നെ നമ്മുടെ ജീവിതത്തിലെ തെറ്റായ മാറ്റി നമ്മളെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത് പത്ര എപ്പോഴും ധ്രുതഗതിക്കാരനും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന ആളുമൊക്കെയാണ് ഇത്രയും ഒക്കെ വന്നു കർത്താവിങ്കിലേക്ക് വളരെ അടുത്ത് വന്നു എന്നിട്ടും തിരിഞ്ഞു നോക്കിയപ്പം യോഹനം പുറകെ വരുന്നു ആ കർത്താവ് എൻ്റെ കാര്യം ഞാനിങ്ങനെയൊക്കെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നൊക്കെ നീ പറഞ്ഞല്ലോ ഇവൻ്റെ കാര്യം ഇവൻ്റെ കാര്യം കൂടെ എന്ത് വാ എന്ന് പറഞ്ഞു ഉടനെ കർത്താവ് എന്താ പറഞ്ഞു കർത്താവ് പറഞ്ഞു ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അതിന് നിനക്കെന്താ എന്നാണ് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അതുകൊണ്ട് ആകെയാൽ ആ ശിഷ്യൻ മരിക്കേയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരുന്നു യേശു പക്ഷേ അത് ക്ലാരിഫൈ ചെയ്തു അവൻ മരിക്കുകയില്ല എന്നല്ല ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിനക്കെന്ത് എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്ന് കർത്താവ് പറഞ്ഞു ഇതാരെക്കുറിച്ചായി പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെ ഇതാരാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇരുപത്തി വാക്യമാണല്ലോ നമ്മൾ വായിച്ച് ഇരുപത്തിനാലിൽ ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു അപ്പോൾ അതിൻ്റെ പുറകിലെ പത്രോസ് ഒരു ശിഷ്യനെക്കുറിച്ച് ചോദിച്ചത് അവനെ അവൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ അവൻ അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞിരുന്നു എന്നൊരു സൂചനയുണ്ട് അപ്പോൾ ഇതാരാ ഇത് യോഹനാനാണ് യോഹന്നാന നമുക്കറിയാം ബൈബിളറിയാവുന്ന നമുക്കറിയാം യോഹന്നാനാണിത് പക്ഷേ യോഹന്നാൻ തന്നെ തന്നെ വെളിപ്പെടുത്താതെ ദൈവം സ്നേഹിച്ച ശിഷ്യൻ എന്നൊരു എന്ന നിലയിൽ തന്നെ തന്നെ വെളിപ്പെടുത്താതെയാണ് ഈ സുവിശേഷങ്ങളിൽ കടന്നു പോകുന്നത് അങ്ങനെ വന്ന യോഹന്നാൻ ഇതാ ഇതിൻ്റെ ഒടുവിൽ പറയുന്നു ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും അതായത് ഞാൻ തന്നെ ഇത് എന്ന് യോഹന്നാനെ വളരെ അപ്പോളജറ്റിക്കായിട്ട് ഒടുവിൽ പറഞ്ഞങ്ങ് നിർത്തുക ചെയ്യുന്നു അപ്പോൾ എന്ത് പറ്റി ഈ യോഹന്നാൻ മരിക്കേയില്ല എന്നൊരു ശ്രുതി അവരുടെ പരന്നു എന്ന് തന്നെയല്ല സാഹചര്യങ്ങളും ഏതാണ്ട് അതുപോലൊക്കെയാണ് വന്നത് എന്ത് പറ്റി കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പലരും കൊല്ലപ്പെടുകയും രക്തസാക്ഷികളായിട്ട് മാറുകയും ഒക്കെ ചെയ്തു യോഹന്നാനെ ആ നിലയിൽ രക്തസാക്ഷിയാകാനുള്ള ആശ്രമങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ചക്രവർത്തി ചെയ്തു പക്ഷേ അതിൽ ദൈവം അത്ഭുതമായിട്ട് വിടുവിച്ചു പട്മോസിലേക്ക് വിട്ടു അങ്ങനെയൊക്കെ നാടുകടത്തപ്പെട്ടു ഒക്കെ ചെയ്തെങ്കിലും അവൻ എന്തു ചെയ്തില്ല ചക്രവർത്തി അവനെ രക്തസാക്ഷി മരണത്തിന് ഏൽപ്പിക്കാൻ നോക്കിയിട്ടും അത് നടന്നില്ല ബാക്കിയുള്ള ആളുകളൊക്കെ ഏതാണ്ട് ഏടി അറുപത്തിനാല് അറുപത്തേഴ് കാലഘട്ടത്തിൽ പൗലോസും പത്രോസും ഒക്കെ രക്തസാക്ഷികളായി എന്നാണ് പറയുന്നത് എന്നാൽ യോഹനാൻ എന്താ യോഹനാൻ പിന്നെ അങ്ങ് ജീവിച്ചിരിക്കുക ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുത് തൊണ്ണൂ ബാക്കിയുള്ളവരൊക്കെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ചും ഈ യോഹനാൻ മാത്രം ഇങ്ങനെ അങ്ങ് ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വന്നപ്പം ഈ യോഹന നടന്നു പോകുമ്പോഴൊക്കെ ചിലർ പറയുമായിരിക്കും അറിയാമോ ഇദ്ദേഹം പണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ ഇവനെ ഇവൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനിങ്ങനെ അങ്ങിരിക്കും തൊണ്ണൂറ്റി ഇങ്ങനെ അങ്ങ് പോയി കർത്താവിനീ അടുത്ത വരുന്നവരെ ചിലപ്പോൾ ഇങ്ങനെ അങ് ഇരിക്കും എന്നൊക്കെ യോഹനാനെക്കുറിച്ച് അന്നത്തെ ആ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലും വിശ്വാസികളുടെ ഇടയിലൊക്കെ അങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നിരിക്കാം നമ്മളെക്കുറിച്ചാണ് ഇങ്ങനെ ഒന്ന് പറയുന്നതെങ്കിൽ നമ്മളെന്തോ ചെയ്യും നമുക്കർഹതയില്ലാത്ത ഒരു തൊപ്പി നമ്മുടെ തലയിൽ എല്ലാവരും കൂടെ ചാർത്തി വെച്ച് തരിക സത്യത്തിൽ ഇതൊരു വലിയൊരു കാര്യമല്ലേ മറ്റ് ശിഷ്യന്മാരെല്ലാം മരിച്ചിട്ടും മരിക്കാതെ ദൈവത്തിൻ്റെ പ്രത്യേക പ്രത്യേക കരുതലിൽ കർത്താവ് രണ്ടാമത് വരുന്നവരെ ജീവിച്ചിരിക്കാൻ പോകുന്ന കർത്താവിൻ്റെ വലിയേറിയ ദാസ കർത്താവിൻ്റെ നെഞ്ചോട് ചാഞ്ഞിരുന്നവൻ ഒരു തെറ്റും പറയാനില്ലാത്തവൻ ഈ ആളുകൾ ചാർത്തി തന്ന ഈ തൊങ്ങലുകളൊക്കെ വെച്ചുകൊണ്ട് യോഹനാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അത് അതിൽ നിന്ന് കിട്ടുന്ന ആളുകളുടെ ഇടയിൽ കിട്ടുന്ന ഒരു മാന്യതയും അംഗീകാരവും ഒക്കെ ഉണ്ട് നമ്മളായിരുന്നു യോഹന്നെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ ഈ അംഗീകാരവും ബഹുമാനവും ഒക്കെ ഒന്ന് ആസ്വദിച്ച് ആ കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ അത് ആ അങ്ങനെയൊക്കെ ആ ഒന്നും എങ്ങും തൊടാതെ നമ്മളിങ്ങനെയൊക്കെ അത് അഭിനന്ദനങ്ങളെയൊക്കെ ഇങ്ങനെ ഉള്ളിലേറ്റുവാങ്ങി ഹൃദയത്തിൽ അതിൽ പുകഴ്ന്ന് നടക്കാനൊരു സാധ്യതയില്ലേ ഇവിടെ ഇതാ യോഹന്നാൻ നമുക്കൊരു വെല്ലുവിളി യോഹന്നാനിതറിഞ്ഞു യോഹന്നാൻ അറിഞ്ഞു ഈ ആളുകളെല്ലാം കൂടി ഇങ്ങനെ പറയുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ പത്രോസിനേക്കാളും പൗലോസിനേക്കാളും ഒക്കെ ഏതാണ്ടോ ഭക്തനായ ഒരാളാണ് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അത് ശരിയല്ല ശരിയല്ലെങ്കിൽ ഇത് ഈ കാര്യമൊന്നും വ്യക്തമാക്കണ്ടേ ശരി അങ്ങനെയാണെങ്കിൽ എൻ്റെ സുവിശേഷത്തിന് ഒരധ്യായം കൂടെ എഴുതി ചേർക്കാം എന്ന് പറഞ്ഞ് ഇരുപത്തി ഒന്നാമത്തെ അധ്യായം എഴുതി ചേർത്തു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ നിന്ന് നമുക്കായിട്ട് എടുക്കാവുന്ന ഒരു ചിന്ത എന്താ നമ്മളിവിടെ ഈ പ്രത്യേകിച്ചും നമ്മുടെ ഇതുപോലൊക്കെയുള്ള സഭയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അർഹതയില്ലാത്ത ബഹുമാനമൊക്കെ ആളുകൾ തരും അല്ലേ അയ്യോ കർത്താവിൻ്റെ അതോ നല്ല സഹോദരി എന്നൊക്കെ പറയും സഹോരിയായി കസേരയെല്ലാം ഇട്ടതല്ലേ എന്നൊക്കെ പറയും അപ്പോൾ നമ്മളെന്താ നമ്മളങ്ങനെ അല്ലെങ്കിൽ അല്ല ഞാനല്ല ഇട്ടത് എന്നുള്ള കാര്യമങ്ങ് പറഞ്ഞാൽ മതി അല്ലാതെ അതിൻ്റെ ഒരു പുകഴ്ചയൊന്നും നമ്മൾ കൊണ്ടു നടക്കുന്നത് അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് യോഹന്യാൻ ഈ കാര്യത്തിൽ നമുക്കൊരു നമുക്കൊരു വെല്ലുവിളി ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആ കാര്യത്തിൽ നിന്ന് പോകാം ഇവിടെ ഇതാ നമുക്ക് ആ ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരാം ഇരുപത്തി ഒന്നാം അധ്യായം നമുക്ക് വളരെ വേഗത്തിലൊന്ന് ചിന്തിക്കാം അതിൻ്റെ ശേഷം ഇരുപത്തിയൊന്നിൻ്റെ ആദ്യത്തെ വാക്യം അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി പ്രത്യക്ഷമായത് ഈ വിധമായിരുന്നു എവിടെയാണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തൊന്നാം അധ്യായത്തിലെ സംഭവം നടക്കുന്നത് ഗലീലയിലാണ് തെബരിയാസ് കടൽ ഗലീല കടൽ അവിടെ വെച്ചാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇത് പറയുമ്പോൾ ഗലീലയിൽ വെച്ചാണ് ഇത് നടക്കുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്ന വേറെ ഉത്സാഹത്തിൻ്റെതായ കുറേ ചിന്തകളുണ്ട് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ മറിയന്മാരോടൊക്കെ പറഞ്ഞ് അയച്ചതെന്താ ശിഷ്യന്മാരോട് പറഞ്ഞ് അയച്ചത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇവിടെ നിന്ന് ഗലിയിലേക്ക് മടങ്ങിപ്പോവണം അവിടെ ഗലീലയിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്നൊക്കെ ശിഷ്യന്മാരോട് പോയി പറയണം എന്നാണ് യേശു അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യൻ മാലാഖമാർ ആ നിലയിൽ ഒരു നിർദ്ദേശമൊക്കെയാണ് കൊടുക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ യേശു തന്നെ മറിയോട് പറയുന്നത് കേൾക്കുക എന്താ ദൂതൻ സ്ത്രീകളോട് മുകളിൽ അഞ്ചാമത്തെ വാക്യം അതിൻ്റെ തുടർച്ചയായിട്ട് ആ ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുമ്പോൾ അവർ അടുത്തു ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ടുള്ള ഏറ്റവും അടുപ്പമുള്ള വാക്കെന്താ സ്നേഹിതർ എന്നേ വിളിച്ചിട്ടുള്ളൂ ഇവിടെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് എൻ്റെ സഹോദരന്മാർ എന്നെ വിളിക്കുന്നത് അതിന് വേറെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല ഇവിടെ ഇതാ പറയുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് അതായത് എൻ്റെ ശിഷ്യന്മാരോട് പറയണം നിങ്ങൾ എന്തോ ചെയ്യണം നിങ്ങളിവിടെ ഈ യഹൂദ്യ നാട്ടിലെ എരിശിലേമിൽ നിൽക്കണ്ട അപ്പോൾ യേശുവിനെ ക്രൂശിച്ചത് എവിടെയാണ് ജെറുസലേമിലാണ് യരൂശലേമിലാണ് ക്രൂശിച്ചത് യരൂശലേമെന്ന് പറയുന്ന ആ പട്ടണം യഹൂദ്യ എന്ന പ്രോവിൻസിലാണ് ഈ യഹൂദ്യക്കപ്പുറത്ത് ശമരിയ എന്ന് പറഞ്ഞ മറ്റൊരു പ്രോവിൻസ് ഉണ്ട് മറ്റൊരു പ്രവിശ്യമുണ്ട് അതിനും വടക്കായിട്ടാണ് ഗലീല എന്നു പറയുന്ന പ്രവിശ്യ ആ ഗലീലയിലാണ് ശിഷ്യന്മാരോട് പോകാനായിട്ട് യേശു പറഞ്ഞ അയക്കുന്നത് നിങ്ങളിവിടെ എരിശിലേമി നിൽക്കേണ്ട നിങ്ങൾ എന്തോ ചെയ്താൽ മതി ഗലിയിലേക്ക് പോവും അവിടെ വെച്ച് ഞാൻ എന്തോ ചെയ്യും ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷനാകും അവിടെ വെച്ച് ഞാൻ അവിടെ അവിടെ അവർ എന്നെ കാണും എന്ന് നിങ്ങൾ സ്ത്രീകൾ ചെന്ന് ശിഷ്യന്മാരോട് പറയുക എന്ന് പറഞ്ഞ് യേശു തന്നെ മത്ത എഴുത സുശേഷം ഇരുപത്തെട്ടിൻ്റെ പത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലമേതാ ഗലീലയ ഗലീലയ നമ്മളായിരുന്നു കർത്താവിൻ്റെ സ്ഥാനത്തെങ്കിൽ നമ്മളെന്തോ ചെയ്തേനെ നമ്മൾ ഇവൻ ഇവനെ മരിച്ചു അടക്കം ചെയ്തു ഇനി ഇവനെ ഉയർക്കുകയോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇവൻ്റെ കാര്യം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നും പറഞ്ഞ് കല്ലറയിലും കൊണ്ടുവച്ചു നമ്മളെന്തോ ചെയ്തു കർത്താവിൻ്റെ ഭാ ഭാഗത്ത് നമ്മളാണെങ്കിൽ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച ഒരു സംഭവം അതിനുശേഷം ഒരു ശുശ്രൂഷ അതേവരെ യഹൂ യഹൂദ ജനതയുടെ ഒരു ഭാഗം പോലെ തന്നെ നിന്ന യേശു ക്രിസ്തീയത തുടങ്ങുക ക്രിസ്തീയത ആരംഭിക്കാൻ പോവുക പുതിയൊരു കാര്യം ആരംഭിക്കാൻ പോവുക ആരംഭിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മളെന്തോ ചെയ്യും ഇതാരംഭിക്കാൻ എല്ലാം കൊണ്ടും പറ്റിയ സ്ഥലം യരിശിലേമാ ഓ ഇത്രയും മനോഹരമായ ആലയമൊക്കെ ഉണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഏറ്റവും നിർണായകമായ ഒരു സ്ഥലമാണ് എരിശലീം നമ്മൾ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ആ കാര്യങ്ങളിലേക്ക് വരും എരിശലേം വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഹോളി സിറ്റിയാണ് വിശുദ്ധ നഗരം വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ എരിശലേമിന് വിശുദ്ധ നഗരം എന്നാണ് പറയുന്നത് വിശുദ്ധ നഗരം ഏഹ് ബാബിലോണല്ല തീർച്ചയായിട്ടും എരിശലേമിന് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഒരു വലിയ സ്ഥാനമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എരിശലേമിൽ എന്ന പ്രവൃത്തി തുടങ്ങാം ഇവർക്ക് പ്രത്യക്ഷമാകുന്ന എരിശിലേമി വെച്ച് തന്നെ അവരെ എല്ലാം കൂടെ വിളിക്ക് ഇവിടെ വെച്ച് തന്നെ ഇവർക്ക് ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷമായി ഇവിടെ വെച്ച് തന്നെ പരിപാടികളങ്ങ് ആരംഭിക്കാം പുതിയൊരു പ്രസ്ഥാനത്തിൻ്റെ ബീജാവാപ് ഇവിടെ വെച്ച് അങ്ങ് നടത്താം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ കർത്താവ് എന്തോ പറഞ്ഞു കർത്താവ് പറഞ്ഞു ഇവരോട് ഗലീലയ്ക്ക് പോവും തിരിച്ചു പോവും അവിടെ വെച്ച് അന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഗലീലയിലാണല്ലോ നടന്നത് അവിടോട്ട് വാ അവിടെ വെച്ച് ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളെ കാണും എന്ന് പറഞ്ഞതിന് നമുക്ക് ഉത്സാഹം തരുന്ന ഒരു കാര്യം അവിടെ ഉണ്ട് അതെന്താ അതായത് യരിശലിയം എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കർത്താവ് തൻ്റെ വീണ്ടും തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അത് യഹൂദനെ അല്ല കർത്താവ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നു മറിച്ച് ജാതികൾ യഹൂദൻ ജാതി എന്ന് വിളിക്കുന്ന നമ്മളെയാണ് നമുക്ക് വേണ്ടിയാണ് കർത്താവ് ഈ പ്രവൃത്തി രണ്ടാമത്തെ സഭയും ഈ ക്രിസ്തീയതയും ഒക്കെ ആരംഭിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും എരിശിലേമി വെച്ച് വേണ്ട ഗലീലെ വെച്ച് മതി ഗലീലയ്ക്ക് ആ നാളുകൾ പറഞ്ഞിരുന്ന ഒരു പേരെന്താ നമ്മൾ ബൈബിളിൽ തന്നെ നോക്കുമ്പോൾ മത്ത എഴുത സുശേഷം നാലാമധ്യായം നാലാമധ്യായത്തിൽ ഗലീലെ വിശേഷിപ്പിക്കുന്ന ഒരു പദം നമുക്ക് കാണാനായിട്ട് കഴിയും നാലിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം അവിടെ സെബുൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു കണ്ടോ ഏശയ്യാവിൻ്റെ ആ ഉദ്ധരണി എടുത്ത് പറയുമ്പോൾ അവിടെ ഗലീല എന്ന് പറയുന്ന ഇസ്രായേൽ നാടിൻ്റെ ഒരു പ്രവിശ്യേ എന്താണ് പറയുന്നത് ജാതികളുടെ ഗലീല ജാതികളുടെ ഗലീല സത്യത്തിൽ അത് ജാതികളുടെ ആണോ പ്രിയപ്പെട്ടവര് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേൽ നാട് ഇസ്രായേൽ നാടിൻ്റെ ചിത്രം നോക്കുമ്പോൾ അതിൻ്റെ വടക്കേ അറ്റത്തെ പ്രവിശ്യയാണ് പ്രോവിൻസാണ് ഗലീല അതിൻ്റെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ തെക്കോട്ട് വരുമ്പോൾ എന്താ ശമരിയ ശമരിയും കഴിഞ്ഞാണ് യഹൂദ്യ യഹൂദ്യയിൽ താമസിക്കുന്ന യഹൂദന്മാർ എരിശലേമിൽ ആ പട്ടണമായ തലസ്ഥാനമായി എരിശലേമിൽ താമസിക്കുന്ന യഹൂദന്മാർ അവരുടെ നോട്ടത്തിൽ ഈ ശമരിയിലും ഗലീലയിലും ഒക്കെ കഴിയുന്ന ആളുകളാരാ അവരൊക്കെ സങ്കരജാതികളാണ് ശരിക്കുള്ള യഹൂദനൊന്നുമല്ല ഈ യഹൂദൻ്റെ ശരി യഹൂദൻ്റെ ചിന്ത എന്താ ഞങ്ങൾ മാത്രമാണ് യെരിശലേമിൽ താമസിക്കുന്ന യഹൂദയിൽ താമസിക്കുന്ന ഞങ്ങൾ മാത്രമാണ് ശരിക്കു പറഞ്ഞാൽ ശരിക്കുള്ള യഹൂദര് മറ്റോരൊക്കെ യഹൂദരാന്ന് പറയുന്നു ആ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ കാണുമായിരിക്കുമെന്ന് പറയുകയല്ലാതെ അവരെ ശരിക്കുള്ള യഹൂദരായിട്ട് അവർ അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ച് ശമിരയിലുള്ളവർ ശമിരയിലുള്ളവർ അവരൊരു സങ്കരജാതിയാണ് നമ്മൾ രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ യഹൂദ ജാതിയെ അവരുടെ വംശീയമായ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ വേണ്ടി അവിടെ ജാതികളെ കൊണ്ടുവന്ന് പാർപ്പിച്ചതുമൊക്കെയായ ചരിത്രമുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അപ്പോൾ ശമരയെ ഒരു ജാതീയമായ സ്ഥലമായിട്ട് യഹൂദയിലും എരിശലേമിലുമുള്ള യഹൂദൻ കരുതുന്നു അതുപോലെ തന്നെ ഗലീലയെക്കുറിച്ചും അവരുടെ ചിന്ത എന്താ ജാതികളുടെ ഗലീല അവരെല്ലാം ഇരുട്ടിലിരിക്കുക ഇരുട്ടിലിരിക്കുന്ന ഒരു വെളിച്ചവുമില്ലാത്ത ജാതികളുടെ ഗലീല എന്നാണ് ഗലീലയെക്കുറിച്ച് കൊള്ളാവുന്ന യഹൂദന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ യേശു സത്യത്തിൽ ഈ ഗലീല ജാതികളുടെ ഗലീലയിൽ വെച്ച് തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്ന ഉത്സാഹം എന്താ കർത്താവിൻ്റെ ഈ പ്രവർത്തനങ്ങൾ പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ സഭ ഓ അല്ലാതെ യഹൂദ ജാതിക്ക് വേണ്ടിയല്ല കർത്താവിൻ്റെ ആ പ്രവർത്തനങ്ങൾ മറിച്ച് നമ്മൾ ജാതികൾ നമുക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് കർത്താവിത ഇവരോട് പറയുന്ന നിങ്ങൾ അവിടെ പോവുക നമുക്ക് യോഹനാൻ്റെ സുശേഷൻ ഇരുപത്തൊന്നിലേക്ക് വളരെ വേഗത്തിൽ വരാം നമ്മൾ അവിടെ വെച്ച് അവിടെ കണ്ടത് എന്താ അതുകൊണ്ടാണ് യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി പ്രത്യക്ഷമായത് വിധമായിരുന്നു ഷിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നാഥാനയിലും ശബരിമക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടകു കയറിപ്പോയി അതാണ് സംഭവിക്കുന്നത് ഇത് നമ്മൾ നമുക്കറിയാവുന്നതുപോലെ പത്രോസിൻ്റെ ജീവിതത്തിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു പക്ഷേ കർത്താവ് അവനെ വീണ്ടും അവനെ മടക്കി കൊണ്ടുവന്നു മടക്കി കൊണ്ടുവന്നതിനൊക്കെ ശേഷവും ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ഗ്രാഹ്യമൊന്നുമില്ല ഇപ്പം എന്തൊക്കെ നാൾ വന്നിട്ടില്ല നമുക്കറിയാവുന്ന പോലെ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല അതിൻ്റെ ഒരു ഇടവേളയാണ് ഈ ഇടവേളയിൽ ഇനി എന്നാ ചെയ്യുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റു കണ്ടു ഞങ്ങൾ കണ്ടു ഇതൊക്കെ ശരിയാണെങ്കിൽ ഇനി എങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ധൃതഗതിക്കാരനായ പത്രോസ് പറഞ്ഞു ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നു ഞാൻ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് ആകെപ്പാടെ അറിയാവുന്ന ഒരു തൊഴിൽ ഈ മീൻ പിടുത്തമാണ് ഈ നസ്രായൻ്റെ പുറകെ വന്ന് കഴിഞ്ഞ മൂന്ന് മൂന്നര കൊല്ലമായിട്ട് ഇതെല്ലാം അങ്ങ് വെറുതെ വച്ചിരിക്കുകയായിരുന്നു ആ പഴയ പടവും പഴയ വലയുമൊക്കെ കൂടെ തപ്പിയെടുത്ത് ഞാൻ ഏതായാലും മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഉടനെ ബാക്കിയുള്ള ശിഷ്യന്മാർ കുറേ പേരുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട് പത്രോസും ദിദിമോസെന്ന തോമാസും എത്ര പേരുണ്ട് എത്ര പേര് ഇവിടെ ഉണ്ട് പത്രോസ് ഉണ്ട് തോമാസുണ്ട് നദനയിലുണ്ട് സബരിമക്കൾ എന്ന് പറയുമ്പോൾ യാക്കോബൈ ഓഹന് പിന്നെ അത് കൂടാതെ വേറെ രണ്ട് പേരും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേര് അവരൂടെ പറയാം പോരുന്നു ഞങ്ങൾക്കും ഞങ്ങൾ നിൻ്റെ കൂടെ മീൻ പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് അവർ പോവുകയാണ് ചെയ്യുന്നത് അവർ പോകുമ്പോൾ പ്രിയപ്പെട്ടവർ ഏഴ് ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഈ തൊഴിലിലേക്ക് മടങ്ങിപ്പോയത് അവർക്കൊരു ഒരു വ്യക്തതയില്ല ഒരു നിരാശയാണ് ആ എന്താ നസ്രായൻ്റെ കൂടെ തിരിച്ചു മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നോ ഒക്കെ വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ശരിയാണ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ ഉള്ളത് ശരിയാണ് ഇനിയും ഇനിയും ഞങ്ങളങ്ങനെ ജീവിക്കും നിരാശയോടെ അവർ പഴയ തൊഴിലിലേക്ക് പത്രോസിൻ്റെ നേതൃത്വത്തിൽ മടങ്ങിപ്പോകുന്നതിനെ ഒരളവിൽ ഒരു പിന്മാറ്റം പോലെ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ വരാറുണ്ടോ നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു സഭയിൽ വന്നു പല അനുഗ്രഹങ്ങൾ നമ്മൾ പങ്കിട്ടു ഇതിനെല്ലാം ശേഷവും ചിലപ്പോൾ ഒരു നിരാശയുണ്ടായി ശരിയാണോ ഇതൊക്കെ ഉള്ളതാണോ ഇനി പഴയ അങ്ങോട്ടങ് പോയാലോ അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഇവിടെ ഇതാ പത്രോസ് പറയുന്നു ഞാൻ അങ്ങനെ പോവുക ബാക്കിയുള്ളവരും പറഞ്ഞു ഞങ്ങളും വരികയെന്നോ നമ്മളാണ് യേശുവിൻ്റെ സ്ഥാനത്തെങ്കിലെന്ത് ചെയ്യും നമ്മളാണെങ്കിൽ ആ പുകഞ്ഞ കൊള്ളിപ്പുറത്ത് ഇവനൊക്കെ പോയി ഇവനെയൊക്കെ ഇത്രയും നാൾ ഏതെല്ലാം തരത്തിൽ നോക്കി നന്നാക്കാൻ ഇത്രയും ആയിട്ടും ഞാൻ മരണത്തെ ജയിച്ച് ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഞാൻ ഇവർക്ക് പ്രത്യക്ഷമായി ഞാൻ ജീവിച്ചിരിക്കുന്നു കാണിച്ചു കൊടുത്തു മരണത്തെ ജയിച്ച് എനിക്കിവരെ നടത്താൻ ഒക്കുകയല്ലേ തീർച്ചയായിട്ടും നടത്താൻ ഒക്കും എന്നിട്ടും എന്നെ വിശ്വസിക്കാതെ ഇവർ ആ തുളവീണ പടകുമെടുത്ത് കണ്ണി അകന്ന വലയെടുത്തുകൊണ്ട് പിന്നെയും ഇമ്മരൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞ് ഇവരൊക്കെ അവരുടെ പോക്കിന് പോട്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ നമ്മളാണ് ചെയ്യുക കർത്താവ് പക്ഷേ അങ്ങനല്ല ചെയ്തു പ്രിയപ്പെട്ടവർ നമ്മളെന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഇത് കേവലം പത്രോസിനെക്കുറിച്ചോ യോഹനാനെക്കുറിച്ചോ മനസ്സിലാക്കാൻ വേണ്ടിയല്ല ഇതിനെയൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്താ അവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ ആ കർത്താവ് തന്നെയാണ് കർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഇന്നേക്കും സെയിമാണ് സെയിമാണ് അങ്ങനെയാണെങ്കിൽ ഓ ഇരുപത് നൂറ്റാണ്ടു മുമ്പ് പിന്മാറിപ്പോയ ഈ ആറേഴ് ശിഷ്യന്മാരെ തേടി യേശു ചെന്നെങ്കിൽ സഹോദര സഹോദരി നീ ഞാനും ഇന്ന് മനസ്സുകൊണ്ട് പല കാര്യങ്ങളിൽ പിന്മാറിപ്പോയി ആ ഒരു ചൈതന്യമില്ലാതെയും ഒരു ഗൗരവമില്ലാതെയും ഇരുന്നാലും നമ്മളെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു കർത്താവിൻ്റെ സ്നേഹത്തെയാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അവരെന്ത് ചെയ്തു നമുക്ക് താഴോട്ട് വായിക്കാം അവരെ പോയി അവർ പോയി കഴിഞ്ഞപ്പം ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല അത് സാധ്യത്തിൽ സാധാരണ നിലയിൽ മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു കാരണം ഈ ഗലീലാക്കടൽ അവർക്ക് ഉള്ളം കൈയിലെ വരകൾ പോലെ വളരെ വ്യക്തമായി എവിടൊക്കെ വലയിട്ടാൽ എവിടൊക്കെ മീൻ കിട്ടും എന്നൊക്കെ ഉള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇവരെല്ലാം വളരെ പരിചയസമ്പന്നരായ മുക്കുവരുമാണ് മീൻ പിടുത്തക്കാരുമാണ് എന്നിട്ടും രാത്രിയിലാണ് മീൻ പിടിക്കാൻ നല്ലത് രാത്രിയിലാണ് മീനുകൾ ഇറങ്ങുന്നതും അവയുടെ സഞ്ചാരപഥങ്ങളും ഒക്കെ ഈ വഴികളും റൂട്ടുകളും അറിയാവുന്ന വളരെ വിദഗ്ധരായ ഇത്രയും പേര് ആറേഴുപേർ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് കേവലം യാദൃച്ഛീയമായ ഒരു സംഭവമാണ് എന്ന് കരുതരുത് നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പം പത്രോസിനെ ആദ്യം വിളിച്ച് തൻ്റെ ശിഷ്യത്വത്തിലേക്ക് ആ നിലയിൽ ഉത്സാഹിപ്പിച്ച് നിർത്തുന്ന നേരത്തെയും ഒന്ന് രണ്ട് വട്ടം വിളിച്ചു എങ്കിലും അതിന് പുറകോട്ട് പോയി എങ്കിലും ഒടുവിലായിട്ട് അവനെ ശിഷ്യനായിട്ട് കൊണ്ടുവരുന്ന രംഗം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് അവിടെയും നമ്മൾ ഇതേ കാര്യം കാണുന്നുണ്ട് എന്താ രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്നിട്ടും ഒന്നും പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല അതിൻ്റെ ഒരു ആവർത്തനം പോലെ ലൂക്കോസ് അഞ്ചിലേൻ്റെ ഒരു ആവർത്തനം പോലെ ഇവിടെ ഇതാ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല പുലർച്ചെയായിരുന്നപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിൽക്കുക രാവിലെ അവർ തിരിച്ച് നേരം വെളുത്തപ്പം അവർ കടലിൽ നിന്ന് തിരിച്ച് കരയിലേക്ക് വരുമ്പം അവിടെ ഇതാ യേശു നിൽക്കുന്നു യേശു കാത്തു നിൽക്കുക ഈ ശിഷ്യന്മാർ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തന്നെ താൻ വിളിച്ച് ഒരു ദൗത്യമേൽപ്പിച്ചവർ അവർ അതെല്ലാം വിട്ടിട്ട് പഴയ തൊഴിലേക്ക് പോയിട്ടും യേശു എന്തു ചെയ്യുന്നു യേശു അവരെ കാത്ത് കരയിൽ നിൽക്കുക ചെയ്യുന്നത് കരയിൽ നിൽക്കും ഒരു ഒരു ദൈവദാസനാഥിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കരയിൽ ഇവർ വന്നപ്പോൾ അന്നേരം ചെന്ന് പ്രത്യക്ഷപ്പെട്ട് അവിടെ നിൽക്കുകയല്ല കാര്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പം അവർക്ക് പ്രാതലൊക്കെ ഒരുക്കി എന്ന് നമ്മൾ കാണുന്നുണ്ട് അവർക്കപ്പവും തീക്കനലും അതിൽ മീൻ വെച്ചിരിക്കുന്നു അപ്പവും ഒക്കെ കണ്ടു നമ്മൾ താഴോട്ട് വായിക്കുന്നു നമുക്കെല്ലാവർക്കും ഈ ഭാഗങ്ങൾ അറിയാവുന്നുകൊണ്ട് ഞാൻ അത് മുഴുവൻ വായിക്കുന്നില്ല നിങ്ങൾ ദയവായിട്ട് അത് ശ്രദ്ധിക്കണേ അപ്പോൾ യേശു അന്നേരം ഇവരുടെ വള്ളം ഇങ്ങോട്ട് വന്ന ഉടനെ പെട്ടെന്ന് കരയിലോട്ട് വന്ന് നിൽക്കുകയല്ല നേരത്തെ മുതലേ യേശു അവിടെ വന്ന് നിൽക്കുക ഇവർക്ക് വേണ്ടി ഇത്രയും പേർക്ക് വേണ്ടി പ്രാതല് പ്രിപ്പയർ ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുക എൻ്റെ ഈ ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചു അവർ രാവിലെ വിശന്ന വയറോടെയാണ് കരയിലേക്ക് വരുന്നത് അവർക്കുള്ള ഭൗതികമായ കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കണം പിന്നെയും നമ്മൾ നമ്മളെ തന്നെ നോക്കുക നമ്മളാണ് യേശുവിൻ്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ ഇവർക്ക് പ്രാതലും ഒരുക്കിക്കൊണ്ട് നിൽക്കും നമ്മളെന്താ ചെയ്യുന്നത് നമ്മളൊരു വലിയ വടിയും വെട്ടിക്കൊണ്ട് വേണം എനിക്കും ഇവനൊക്കെ ഏഹ് പോയിച്ചു വരുന്നത് നല്ല രണ്ട് പത്ത് പറയണം ഏഹ് നിങ്ങളെയൊക്കെ വിളിച്ച് എന്നെ വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പ്രസംഗം അവരോട് നടത്തിയേന് യേശു അങ്ങനെ ഒരു ഇവരെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലും പറയുന്നില്ല മറിച്ച് അവിടെ നിന്ന് എന്താ അവ അവിടുന്ന് അവരുടെ ആ ടെമ്പർമെൻ്റ് അറിഞ്ഞ് അവരുടെ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രകൃതമറിയുന്ന കർത്താവ് ആ പ്രകൃതം മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മളെ സ്നേഹിക്കുന്നു ഇവിടെ ഇതായി ശിഷ്യന്മാർക്ക് അന്നേരം ആവശ്യം ഒരു പ്രസംഗമല്ല മറിച്ച് എന്താ രാത്രി മുഴുവൻ അധ്വാനിച്ചവർ അവർ വിശന്ന വയറോടെ കയറി വരുമ്പോൾ അവർക്ക് ഭക്ഷണം തന്നെ ആവശ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ ഈ വരികളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ കാര്യമാണ് ചിന്തിക്കേണ്ടത് നമുക്ക് പലപ്പോഴും ഭൗതികമായ പല കാര്യങ്ങളിലും കർത്താവ് പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലമാണോ അല്ല അല്ല അല്ല നമ്മളിലപ്പോൾ അങ്ങനെ കരുതിപ്പോ ഓ ഞാൻ കർത്താവിനെ വിശ്വസ്തമായിട്ട് സേവിച്ചു അതുകൊണ്ട് കർത്താവ് എന്തോ ചെയ്തു എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം ശരിയാക്കി തന്നു എന്താ ഒരു ഒരു പ്രയാസവുമില്ലാതെ ശത്രുക്കളുടെ മധ്യേ മേശയൊരുക്കി കണ്ടോ ഇന്നാരെ ഇന്നാരൊക്കെ കണ്ടോ അവരൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നേ ഉള്ളൂ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തേലും രഹസ്യമായ പാപങ്ങൾ കാണും ഞാൻ ഞാൻ വിശുദ്ധൻ ഞാൻ വിശ്വ വിശ്വസ്തമായിട്ട് കർത്താവിനെ സേവിച്ചതിന് പകരമായിട്ട് കർത്താവ് തന്നെ മാനിക്കുന്നവരെ താൻ മാനിക്കും നമുക്ക് പല വാക്യങ്ങളുമൊക്കെ അറിയാം ഇതൊക്കെ എടുത്ത് ഉദ്ധരിച്ച് നമ്മൾ നമ്മളിൽ തന്നെ പുകഴ്ന്നങ്ങനെ അങ്ങ് നിൽക്കും എന്നാൽ ഈ പത്രോസിനും ഇവർക്കും ആർക്കെങ്കിലും ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിൽക്കുമ്പം അവർക്കെന്തേലും തങ്ങളെക്കുറിച്ച് തന്നെ വല്ല പ്രശംസയും പറയാനുണ്ടോ ഞങ്ങൾ വിശ്വസ്തരായത് കൊണ്ട് കർത്താവിതാവ് വന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കി നിൽക്കുന്നു അങ്ങനെയാണോ അല്ല ഈ നസാനെ വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയപ്പോഴും അവൻ എന്ത് ചെയ്യുന്നു അവൻ വന്ന് കരയെ കാത്ത് നിൽക്കുക ഓ ഉത്തമഗീതത്തിലെ ഒരു വാക്യം നമുക്ക് നോക്കാം ഉത്തമഗീതം അഞ്ചാമധ്യായത്തിൽ നമ്മൾ കാന്തനെക്കുറിച്ച് പറയുന്നുണ്ട് അവനെന്ത് ചെയ്യുന്നു അവന് വാതുക്ക മുട്ടി കാന്തയുടെ ആ മുറിയുടെ വാതിൽ വന്ന് മുട്ടി അവൾ തുറന്നില്ല തുറക്കാതിരുന്നപ്പം കാന്തനെന്ത് ചെയ്തില്ല അവനങ്ങ് വിട്ടുപോയില്ല അതിൻ്റെ അഞ്ചാമധ്യായ ഉത്തമഗീതം അഞ്ചാമധ്യായ രണ്ടാമത്തെ വാക്യം ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർത്തിക്ക് മുട്ടുന്ന എൻ്റെ പ്രിയ എൻ്റെ സഹോദരി എൻ്റെ പ്രിയ എൻ്റെ പ്രാവേ എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി നനഞ്ഞിരിക്കുന്നു കാന്തൻ പറയുക പ പ്രാണപ്രിയൻ പറയാണ് പ്രിയൻ പറയുക എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഈ കാന്തൻ്റെ ശിരസ് അല്ലെങ്കിൽ തലയിൽ മഞ്ഞുകൊണ്ടതും കൺപോളകളിൽ രാത്രിയിൽ പെയ്യുന്ന മഞ്ഞു കൊണ്ട് നനഞ്ഞതുമൊക്കെ എങ്ങനെയാണ് കാരണം വാതിൽക്ക് മുട്ടി വാതിൽ തുറക്കുന്നില്ല വാതിൽ തുറക്കാത്തപ്പം ഇയാളെവിടെ നിൽക്കുക വെളിയിൽ പുറത്ത് പുറത്ത് നിൽക്കുക പുറത്ത് കാത്തു നിൽക്കുക കണ്ടോ വേണമെങ്കിൽ ഞാൻ മുട്ടി തുറന്നില്ല എന്ന് പറഞ്ഞു പോകാം പക്ഷേ ആ രാത്രി മുഴുവൻ കാത്തു നിൽക്കുക എന്താണ് പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും അവളോടുള്ള സ്നേഹം അവളോടുള്ള സ്നേഹം എൻ്റെ പ്രിയ വാതിൽ തുറക്കും എന്ന് പ്രതീക്ഷിച്ച് വാതിലിന് പുറത്ത് വെളിയിൽ മഞ്ഞത്ത് കാത്തു പ്രിയൻ അതുകൊണ്ട് എന്തു പറ്റി അവൻ്റെ ശിരസ് മഞ്ഞുകൊണ്ട് മഴ തുള്ളി കൊണ്ട് ഒക്കെ നനഞ്ഞും ഒക്കെ ഇരിക്കും ഈ വരികൾ ഓർത്തു പോകുന്നത് പോലെയാണ് പ്രിയപ്പെട്ടവർ നമ്മൾ യോഹനൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യപ്പോൾ വാക്യത്തിൽ പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു ഒരു രാത്രി മുഴുവൻ ഒരു പക്ഷേ യേശു നിന്നിരിക്കാം ഇവർ വള്ളം വിട്ട് കടലിലേക്ക് പോയ സമയം മുതൽ ഒരാൾ കരയിൽ കാത്തു നിൽക്കുക അങ്ങനെ ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം എന്താ ആ കരയിൽ കാത്തു നിൽക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷം എന്താ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ അവരെന്നെ വിട്ടു പോയി എങ്കിലും ഞാൻ അവർക്ക് വേണ്ടി കാത്തു നിൽക്കും ഞാൻ മുട്ടിയിട്ട് അവരവരുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നില്ല സ്നേഹത്തിൻ്റെ പല മുട്ടലുകൾ ഞാൻ നടത്തി അവരെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നില്ല പക്ഷേ വാതിൽ തുറന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ പണങ്ങിപ്പോകുന്നില്ല ഞാൻ എന്താ ഞാൻ കാത്തു നിൽക്കാം ഈ കാത്തു നിൽപ്പിൽ രാത്രിയിലെ മഞ്ഞുകൊണ്ട് എൻ്റെ ശിരസ് നനഞ്ഞാലും എൻ്റെ കുറുനിരകൾ ഈ തുള്ളികൾ കൊണ്ട് ആ നിലയിൽ നനഞ്ഞാലും പിന്നെയും കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സ്നേഹത്തെയാണ് ഇത് കാണിക്കുന്നത് ഞാൻ ഇനിയും എത്രയോ വട്ടം ദൈവിക സന്ദേശത്തിന് മുമ്പാകെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വിളികൾക്ക് മുമ്പാകെ നമ്മൾ നമ്മുടെ ഹൃദയവാദിൽ ബന്ധിച്ച് ബന്ധിച്ച് നിന്നിട്ടും കർത്താവിൻ്റെ ചെയ്തു കർത്താവ് നമ്മളെ വിട്ടു പോയില്ല കർത്താവ് കാത്തു നിന്നു കാത്തു നിന്നു നമ്മുടെ വിശ്വസ്തത കൊണ്ടല്ല മറിച്ച് എന്താ കർത്താവിൻ്റെ സ്നേഹം സ്നേഹം ഈ കർത്താവിൻ്റെ സ്നേഹത്തെ അതുമാത്രമേ കണ്ടാലേ നമ്മുടെ ഹൃദയത്തിൽ ഒരു അലിവ വരികയുള്ളൂ ഇവിടെ ഇതാ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം ഇവിടെ ഇവർ രാത്രിയിലൊന്നും പിടിച്ചില്ല പുലർച്ചെ യേശു കരയിൽ നിന്നു യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു കണ്ടോ ഇവരെന്ത് പറഞ്ഞോണ്ടാവും പോയത് ഇവർ പോയത് ഞങ്ങൾക്ക് എന്തറിയാം ഞങ്ങൾക്ക് ഈ കടലെല്ലാം നല്ലതുപോലെ അറിയാം നസ്രേനായി യേശു ഞങ്ങളെ വിളിച്ച് ഏതാണ്ടെല്ലാം തരുമെന്നൊക്കെ പറഞ്ഞു മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഏതാണ്ടെല്ലാം ദൗത്യം ഏൽപ്പിച്ചു ഒന്നും നടക്കുന്നില്ല ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഈ കടലെല്ലാം നല്ലതുപോലെ അറിയാം ഞങ്ങൾ പഴയ തൊഴിൽ പോവും ഇഷ്ടം പോലെ മീൻ പിടിക്കും ധാരാളം മീനുമായിട്ട് മടങ്ങി വരും എന്നൊക്കെയുള്ള വലിയ ഒരു ആത്മവിശ്വാസത്തോടാണ് ഇവർ പോയത് പക്ഷേ മടങ്ങി വരുമ്പം യേശു ഇവരോട് ചോദിക്കുക കുഞ്ഞെ വലിയ കിട്ടിയോ അവരുടെ മറുപടി എന്താണ് അവരുടെ മറുപടി എന്താണ് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു സഹോദര സഹോദരി നമ്മൾ കർത്താവിനെ വിട്ട് നമ്മുടെ സ്വയത്തിൻ്റെ ബലത്തിൽ നമ്മുടേതായ വഴിക്ക് പോയാൽ അതിലൊരു റിസൾട്ട് ഉണ്ടാകുകയില്ല തിരിച്ച് വരുമ്പം നമ്മളോട് ചോദിക്കുക കർത്താവ് ചോദിക്കുക മോനെ വല്ലതും കിട്ടിയോ ഇല്ല എന്ന് പറയേണ്ടി വരും നമ്മൾ ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ എടുക്കണം ഇവരോട് ചോദിക്കുമ്പോൾ അവിടെ വളരെ മനോഹരമായ ഒരു കാര്യം യേശു ഇവരോട് കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഇത്രയും പ്രായമുള്ള പുരുഷന്മാരെ കയറി കുഞ്ഞുങ്ങളെ എന്നാണോ വിളിക്കേണ്ടത് ഒന്ന് യേശുവിൻ്റെ സ്നേഹം അവിടെയുണ്ട് രണ്ടാമത് ഇതിൻ്റെ മൂലഭാഷയിലെ വാക്കുകളൊക്കെ അറിയാവുന്ന വേദപണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾ എന്നുള്ളതിന് ഗ്രീക്കിൽ രണ്ട് വാക്കുകളുണ്ട് പോലും നാപ്പിയോസ് എന്നാണ് ഒരു വാക്ക് നാപ്പിയോസ് നാപ്പിയോസ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളാണ് തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ സ്വന്തം കാര്യം നോക്കാൻ അറിയില്ല ഭക്ഷണം കഴിക്കാൻ അറിയയില്ല ടോയ്ലറ്റ് ശീലങ്ങളൊന്നുമില്ല കൊച്ചു കുഞ്ഞുങ്ങൾ നാപ്പിയോസ് എന്നുള്ള വാക്കാണ് അവിടെ എന്നാൽ ഇച്ചിരി കൂടെ മുതിർന്ന് മുതിർന്ന് സ്വന്തം കാര്യമൊക്കെ നോക്കാൻ അറിയാം തന്നെ ഭക്ഷണം കഴിക്കാൻ അറിയാം തന്നെ ടോയ്ലറ്റിൽ പോകാൻ അറിയാം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ ഇച്ചിരി പക്വതയുള്ള കുഞ്ഞുങ്ങളെ വിളിക്കുന്ന വാക്കെന്താ ഹൂയോസ് എന്നൊരു വാക്കാണ് വിളിക്കുക ഹൂയ്യോസ് ഏ ഹൂയോസ് എന്ന വാക്ക് ഇവിടെ യേശു ഇവരെ വിളിച്ച കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചെടുത്ത് ഹൂയോസ് എന്നുള്ള വാക്കല്ല മറിച്ച് നാപിയോസ് എന്നുള്ള വാക്കാ വിളിച്ചേക്കുന്നത് എന്നാണ് അത് നമുക്ക് തരുന്ന ചിന്തകൾ എന്താ നാപ്പിയോസ് എന്ന് വിളിച്ചാൽ ഈ നാപിയോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് പിന്നീട് ഇംഗ്ലീഷിൽ നാപ്കിൻ എന്ന സ വാക്കുണ്ടായത് നാപ്കിൻ എന്താ നമുക്കറിയാം ഏ ടോയ്ലറ്റ് ശീലങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോൾ നാപ്കിൻ അപ്പോൾ ചുരുക്കത്തിൽ യേശു ഇവരെ എന്താണ് വിളിക്കുന്നത് മൂത്രമൊഴിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു തിരിച്ചറിവുമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞു ആരെങ്കിലും സഹായമില്ലാതെ സ്വന്തം കാര്യം നോക്കാനൊക്കാത്തവർ അതേസമയം സ്വന്തം കാര്യം നോക്കാൻ ഇച്ചിരി പക്വതയുള്ളവരായിരുന്നെങ്കിൽ കർത്താവ് അവിടെ ഹൂയോസ് എന്ന വാക്കുപയോഗിച്ചിരുന്നു കർത്താവ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് നാപ്പിയോസ് എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞ് ഏ സ്വന്തം കാര്യം നമുക്കിങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് സത്യത്തെ വൈരാഗ്യമോ വിഷമോ ആണോ കൊച്ചു കുഞ്ഞ് അവന് ഇതൊന്നും അറിഞ്ഞുകൂടാ അവനെ തറയൊക്കെ വൃത്തിയേടാക്കി നാപ്കിനുമൊക്കെ വൃത്തിയേടാക്കി നടക്കുന്നവനോട് ഒരു പിതാവിൻ്റെ ഹൃദയം എന്തായിരിക്കും അയ്യോ എൻ്റെ കുഞ്ഞിന് ഇതൊന്നും അറിഞ്ഞുകൂടാ എന്നൊരു അലിവല്ലേ അല്ലാതെ നമ്മൾ ഉടനെ വടിയെടുത്തു ആ പിന്നെ നീ അങ്ങനെയല്ല യേശുവിൻ്റെ ആ മനോഭാവം നോക്കുക യേശു അവരോട് കാത്തു നിൽക്കുക കുഞ്ഞേ കൊച്ചു കുഞ്ഞുങ്ങളെ കൊച്ചു കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ ഒന്നും അറിയാത്ത എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൂട്ടാമല്ലോ ഉണ്ടോ ഉടനെ അവർ തിരിച്ചറിവോടെ പറയേണ്ടതായിരുന്നു ഇത് കർത്താവ ഞങ്ങൾ കർത്താവിനെ വിട്ടുപോയി കർത്താവിനെ വിട്ടുപോയി ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചാലും അവസാനം ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും എന്ന് തിരിച്ചറിവ് അവർക്ക് അവിടെ വെച്ചുണ്ടാകേണ്ടതായിരുന്നു അതും അവിടെ വെച്ച് ഉണ്ടായില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്തെടുക്കണേ സഹോദര സഹോദരി നീ യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ ആ വഴിയിൽ നിന്ന് മാറി നിൻറ്റേതായ പല അജണ്ടകളുമായിട്ട് പോയാൽ ഒടുവി വരുമ്പം അഞ്ച് കൊല്ലം പത്ത് കൊല്ലം പാഴാക്കി വെച്ച് തിരിച്ചു വരുമ്പം വെല്ലം ഉണ്ടോ കൂട്ടാൻ വല്ല ഉണ്ടോ ഇല്ല അപ്പം ഈ വർഷങ്ങളൊക്കെ എന്തായിപ്പോയി പാഴായിപ്പോയി കർത്താവിനെ കൂടാതെ ഉള്ള അധ്വാനങ്ങളൊന്നും പ്രയോജനപ്പെടുകയില്ല ഇവിടെ നമുക്ക് വളരെ വേഗത്തിൽ പോകാം അവിടെ നിന്ന് കർത്താവ് എന്ത് ചെയ്യുന്നു കർത്താവ് ഇവരെ കൊണ്ടുവരുന്നു പത്രോസ് തിരിച്ചറിയുന്നു യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹനാൻ പത്രോസിനോട് അത് കർത്താവ് ആണെന്ന് പറയുന്നു പത്രോസിനെ അത് മനസ്സിലായി വല കൊണ്ടുവരുന്നു ഇതെല്ലാം എങ്ങനെയാണ് വലതുവശത്ത് വലവീശുവിനെന്ന് കർത്താവ് പറഞ്ഞു ഉടനെ പെരുത്ത മീൻകൂട്ടം കിട്ടി അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ശൂന്യമായപ്പോൾ കർത്താവ് ഇടപെട്ടു വലതുവശത്ത് വലവീശാൻ പറഞ്ഞു ഇത് നമ്മൾ ലൂക്കോസിൻ്റെ സുശേഷം അഞ്ചാം അധ്യായത്തിന് മുമ്പേ പറഞ്ഞ അതേ സംഭവം തന്നെ അവിടെ യേശു എന്താ പറയുന്നത് ഇവരോട് ചോദിച്ചു വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു എന്നാൽ വലതുവശത്ത് വലവീശാൻ പറഞ്ഞു അങ്ങനെ വീശി പെരുത്ത മീൻകൂട്ടം കിട്ടി അന്നാണ് ശിമോൻ പത്രോസ് കർത്താവ് ഞാൻ പാപിയാകുന്നു എന്നെ വിട്ട് പോണേന്ന് പറഞ്ഞു കർത്താവ് ഉടനെ അവനോട് പറഞ്ഞു നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എൻ്റെ ശിഷ്യനാക്കും എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് അവിടെ വെച്ചാണ് അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനമായത് വലതുവശത്ത് വലവീശുവേൻ പത്രോസ് അത് കേട്ട് വലതുവശത്ത് വലവീശി വലവീശിയപ്പം വല നിറയെ മീൻ ഉടനെ പത്രോസിൻ്റെ ഓർമ്മ ഒരു മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷം പുറകോട്ട് പോയി കാണും അയ്യോ ഇതുപോലെ ഒരിക്കലാണല്ലോ എന്നോട് ഇതുപോലെ നേരത്തെ ആരാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് ഞാൻ അതുപോലെ വലവീശിയപ്പം ഇതേപോലെ തന്നെ പെരുത്ത മൂൻ മീൻകൂട്ടം കിട്ടിയല്ലോ അയ്യോ യേശുവാ അത് ഇത് യേശുവാ എന്നൊരു തിരിച്ചറിവ് പത്രോസിന് അവിടെ വെച്ചാണ് ഉണ്ടാകുന്നത് പത്രോസ് എന്ന് എന്തു ചെയ്തു അവിടെ വന്നിട്ട് കർത്താവ് അവരോട് എൻ്റെ എൻ്റെ ഒൻപതാമത്തെ വാക്യം അവിടെ വന്ന് അവർ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു എന്നിട്ട് അവൻ കർത്താവ് ആകുന്നു ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് ചോദിപ്പാനായിട്ട് തുനിഞ്ഞില്ല യേശു വന്ന് എടുത്തു കൊടുത്തു മീനും അങ്ങനെ തന്നെ അവർ പ്രാതൽ കഴിച്ച ശേഷം പ്രാതൽ കഴിച്ച ശേഷം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കാവുന്ന കാര്യങ്ങൾ അവിടെ ഇതാ കർത്താവ് പത്രോസിനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഷിമോനെ നീ അവ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചു അതിനവൻ ഉപകർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്നവനോട് പറഞ്ഞു രണ്ടാമതും അവനോട് യോഹനാൻ്റെ മകനായ ഷിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ ഉവ്വ് കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആടുകളെ പാലിക്കുക എന്നവനോട് പറഞ്ഞു മൂന്നാമതും അവനോട് യോഹന്ന എൻ്റെ മകനായ ശിമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ച് കർത്താവ് നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവെന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നാ പറയും പ്രിയപ്പെട്ടവര് ഈ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള പതിനേഴ് വരെയുള്ള ഈ ഭാഗങ്ങളിൽ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച് യേശു ഈ പത്രോസിനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ കണ്ടോ ആദ്യം യേശു ചോദിക്കുന്നത് എന്താ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നുവോ പക്ഷെ പത്രോസ് മറുപടി പറയുന്നു സ്നേഹിക്കുന്നു എന്നാണോ പറയുന്നത് സ്നേഹിക്കുന്നു എന്നല്ല അവനവനെ തന്നെ പരിശോധിച്ചപ്പോൾ അവന് മനസ്സിലായി കർത്താവിനോടുള്ള ആ നിലയിലുള്ള ഉദാത്തമായ വലിയ സ്നേഹമില്ല നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട് സ്നേഹം എന്നുള്ളിടത്ത് ഉപയോഗിച്ചേക്കുന്ന വാക്ക് അകപ്പേ എന്ന വാക്കാണ് അങ്ങനെ ആ അകപ്പേ എന്ന വാക്ക് ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഡിഗ്രിയെയാണ് കാണിക്കുന്നത് ഇത്രയും തീവ്രമായ സ്നേഹം എനിക്ക് എന്നോട് നിനക്കുണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത് അപ്പോൾ പത്രദിവസം തന്നെ തന്നെ ചോദ്യം എഴുതിട്ട് പറഞ്ഞു കർത്താവ് എനിക്ക് അത്രയും അഗാധമായ സ്നേഹമില്ല മറിച്ച് എനിക്കൊരു പ്രിയമാവുള്ളത് പ്രിയമെന്ന് വെച്ചാൽ ഒരിഷ്ടമുണ്ട് നിന്നോട് ഇഷ്ടമുണ്ട് പക്ഷെ നിനക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള സ്നേഹം എനിക്കില്ല എന്നവൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ഉടനെ രണ്ടാമത് കർത്താവ് വീണ്ടും ചോദിക്കുന്നു പതിനാറാമത്തെ വാക്യത്തിൽ അവിടെ അതേ ചോദ്യം ആവർത്തിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ സ്നേഹിക്കുന്നുണ്ടോ അകപ്പേലുണ്ടോ അവിടെയും പത്രോസ് പറയുന്നു എനിക്ക് നിന്നോട് പ്രിയം മാത്രമേ ഉള്ളൂ എന്ന് പറയും ഉടനെ മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിൽ യേശു ചോദ്യത്തിനൊരു മാറ്റം വരുത്തി ചോദ്യത്തിന് എന്താ മാറ്റം വരുത്തിയേ ഇത്തവണ നീ എന്നെ സ്നേഹിക്കുന്നോന്നല്ല ചോദിച്ചത് മറിച്ച് പത്രോസിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് ചോദിക്കുന്നു പത്രോസെ നിനക്കെന്നോട് സത്യത്തിൽ പ്രിയമെങ്കിലുമുണ്ടോ ഇഷ്ടമെങ്കിലുമുണ്ടോ ഓ അതിൻ്റെ മുമ്പാകെ പത്രോസ് ദുഃഖിച്ചു കർത്താവെ നീ സകലവും അറിയുന്നു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കുകയിൽ പത്രോസ് ദുഃഖിച്ചു കർത്താവെ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എന്ന് പറഞ്ഞു അവിടെ വെച്ചാണ് അവൻ വീണ്ടും ആ നിലയിൽ തകർന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഭാഗങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് കർത്താവ് ചോദിച്ച ആ ചോദ്യത്തോട് ബന്ധപ്പെട്ട് ശിഷ്യത്വത്തിൻ്റെ മൂന്ന് പടികളുണ്ട് എന്ന കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് കർത്താവ് എന്താ ചോദിച്ചത് യോഹനൻ്റെ മകനായ ശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു ശിഷ്യത്വത്തിന് മൂന്ന് പടികളാണുള്ളത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ആ ഭാഗം കാണുന്നുണ്ട് ലൂക്കോസിൻ്റെ സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിലാണ് ശിഷ്യത്വത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടെ യേശു പറയുന്നത് അവിടെ പറയുന്നു എൻ്റെ അടുക്കൽ വരി ഇരുപത്തിയാറാം വാക്യം എൻ്റെ അടുക്കൽ വരിയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും പകയ്ക്കണം രണ്ടാമത് പറയുന്നു രണ്ടാമത്തെ കാര്യം മുപ്പത്തിമൂന്നാമത്തെ വാക്യം ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ലെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല ഓ ബന്ധങ്ങളോട് ബന്ധങ്ങളെ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിന് വിഘാതമായിട്ട് വന്നാൽ ആ ബന്ധങ്ങളോട് ഞോയെന്ന് പറയണം നമ്മുടെ കയ്യിലുള്ള തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നെങ്കിൽ ഇല്ലായെങ്കിൽ നമുക്കുള്ള നമ്മുടെ പൊസഷൻസ് നമ്മുടേതായ സ്വത്തുകളും നമ്മുടേതായ പേരും നമ്മുടേതായ ആ നിലയിൽ നമ്മൾ ആർജിച്ച കാര്യങ്ങൾ നമ്മൾ സമ്പാദിച്ച കാര്യങ്ങൾ അതിനോടും കർത്താവിനുള്ളതിനേക്കാൾ അടുപ്പമുണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല മൂന്നാമത്തെ ശിഷ്യത്വത്തിൻ്റെ പടി എന്താ ഓ അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം സ്വന്തം ജീവനെക്കൂടെ പകച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം അങ്ങനെയുള്ളവനാണ് ശിഷ്യനാകാൻ കഴിയുക കണ്ടോ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ നമ്മുടെ നമ്മുടെ കൈവശമുള്ള വസ്തുക്കളോട് അത് കർത്താവിനേക്കാൾ കവിഞ്ഞ ഒരു ബന്ധം അതിനോടുണ്ടാകരുത് രണ്ട് നമ്മുടെ ബന്ധുക്കൾ ആ ബന്ധുക്കളോട് കർത്താവിനോടുള്ളതിനേക്കാൾ കവിഞ്ഞ ബന്ധം ഉണ്ടാകരുത് മൂന്ന് നമ്മളോട് തന്നെ കർത്താവിനോടുള്ളതിനേക്കാൾ കവിഞ്ഞ സ്നേഹം നമ്മുടെ സ്വയത്തോടുണ്ടാകരുത് ഇതാണ് ശിക്ഷിത്വത്തിൻ്റെ മൂന്ന് പടി ഈ മൂന്ന് പടികളിലേക്ക് വെളിച്ചം വീശുന്ന ചോദ്യമാണ് യേശു അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അത് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം അവിടെ ഇതാ യേശു ചോദിക്കുന്നു ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു അപ്പോൾ കണ്ടോ ഒരു താരതമ്യമാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് നീ എന്നെ പ്രിയപ്പെടുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് സമ്മതിച്ചു പക്ഷേ മറ്റ് ചിലതിനോട് താരതമ്യപ്പെടുത്തിയ അതിനേക്കാൾ അതിനേക്കാൾ ശിഷ്യത്വത്തിൻ്റെ ഇതിലും അപ്പനെയും അമ്മയെയും ബന്ധുക്കളെയും അവരെക്കാൾ സ്നേഹിക്കുന്നുവോ നിൻ്റെ പൊസൻസിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു നിന്നേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നു ഒരു താരതമ്യം അവിടെയും വരുന്നത് ഇവിടെ അതേ ചോദ്യം തന്നെയാണ് നീ ഇവരിൽ അധികമായി ഇവരേക്കാൾ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു ഈ ചോദ്യത്തിന് ചോദ്യത്തെ മൂന്ന് തലത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും ശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പറയുമ്പോൾ ഇവരിൽ എന്നല്ല ഇവയിൽ എന്നാണ് ആ ചില വേർഷൻസിൽ ആ മൂലഭാഷയിൽ നമ്മൾ കാണുന്നത് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ നീ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏവാ എന്തും അവരുടെ മുമ്പിലുള്ളത് ആ അവരുടെ മുമ്പിൽ ആ മീൻ നിറഞ്ഞ ഒരു വലയുണ്ട് വലയുണ്ട് ഓ നിറഞ്ഞ് കവിഞ്ഞ ഒരു പടവുണ്ട് ഇതെല്ലാം അവർ തന്നെ അധ്വാനിച്ച് നേടിയതാ ഈ അധ്വാനിച്ച് നേടി തങ്ങൾ ആർജിച്ച ഈ കാര്യങ്ങളുടെ മുമ്പിൽ പത്രോസും ഒക്കെ നിൽക്കുമ്പം പത്രോസിനോട് ചോദിക്കുക പത്രോസേ നീ ഇതിനേക്കാൾ നീ ആർജിച്ച നിൻ്റെ ഈ ഈ മീനും ഈ പടകും ഇതിനേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇവയെക്കാൾ ഈ ഈ കാര്യങ്ങളേക്കാൾ രണ്ടാമത്തെ ഒരു ചോദ്യം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും രണ്ടാമത്തേതെന്താ നീ ഇവരിൽ അധികമായി നമ്മൾ പലപ്പോഴും അതിനെ ഇവർക്കുള്ളതിനേക്കാൾ സ്നേഹം എന്നുള്ള നിലയിൽ ചിന്തിക്കാം നമുക്ക് മൂന്നാമത് ചിന്തിക്കാം രണ്ടാമത് ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നിനക്ക് നിൻ്റെ ഈ കൂട്ടു സഹോദരന്മാരോടും സ്നേഹമുണ്ട് യാക്കോബിനോടും യോഹന്നാനോടും നീ പറഞ്ഞപ്പോൾ നിൻ്റെ പുറകെ മീൻ പിടിക്കാൻ വന്ന പത്രോ തോമസിനോടും നഥനേലിനോടും ഒക്കെ നിനക്ക് സ്നേഹമുണ്ട് മറ്റുള്ള ആളുകളോട് നിനക്കുള്ള സ്നേഹത്തെക്കാൾ കവിയുന്ന സ്നേഹം എന്നോടുണ്ടോ എന്ന് ആ ചോദ്യത്തെ നമുക്ക് രണ്ടാമത് അങ്ങനെ ചിന്തിക്കാൻ കഴിയും മൂന്നാമത് ഷിമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഇവർക്ക് ഇവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് അവരെക്കാൾ ഇവരെല്ലാവരേക്കാളും കവിഞ്ഞ നിലയിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ കാര്യമാണ് നിൻ്റെ തന്നെ സ്വന്തം ജീവനെപ്പോലും പകച്ച് എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹമാണ് അങ്ങനൊരു സ്നേഹമുണ്ടോ എന്നുള്ള ചോദ്യവും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ഞാൻ പറഞ്ഞത് വ്യക്തമായോ മനസ്സിലായോ പ്രിയപ്പെട്ടവരെ കർത്താവ് ഇവിടെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തെ നമ്മൾ ശിഷ്യത്വത്തിൻ്റെ മൂന്ന് പടികളോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുകയാണ് ശിഷ്യത്വത്തിൻ്റെ ഒരു പടിയെന്ന് പറയുന്നത് എന്താ നമ്മൾ നേടിയ സാധനങ്ങൾ നമ്മുടെ വീട് നമ്മുടെ കാറ് ഏ നമ്മുടെ വസ്തുവകകൾ നമ്മുടെ സമ്പാദ്യങ്ങൾ ഇതിനേക്കാൾ കവിഞ്ഞ് കർത്താവിനോട് സ്നേഹമുണ്ടോ ഒരു കാലത്ത് നമുക്കിതൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് കർത്താവിനെ സ്നേഹിക്കാൻ വളരെ എളുപ്പമായിരുന്നു എന്താ ഒന്നുമില്ല ഏഹ് വീടും ഇല്ല ഒന്നും ഇല്ല വാടക വീട്ടിലെ താമസം കർത്താവിനെ സ്നേഹിക്കാൻ പറഞ്ഞാൽ കർത്താവിനെ അല്ലാതെ വേറെ ഏറെ സ്നേഹിക്കുന്നു ഇപ്പോൾ എന്തോ ഉണ്ട് ഇപ്പം നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീടൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ ജനലെവിടായിരിക്കേണ്ടത് അതിൻ്റെ വെൻറ്റിലേഷൻ എവിടെ നമ്മൾ തന്നെ അധ്വാനിച്ചതെല്ലാം ഉണ്ടാക്കിയത് ഇപ്പം എന്തോ പറ്റി അപ്പം അതൊക്കെ കർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ കവിഞ്ഞ് നമ്മുടെ ഈ വസ്തുവകകളോട് നമുക്കൊരു സ്നേഹം വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു നിനക്കെൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല ഇവയേക്കാൾ ഇവയേക്കാൾ മീൻ നിറഞ്ഞ ഒരു പടകും വലയും കാണുമ്പം ഒരു മുക്കുവനും അത് ഇട്ടേച്ച് പോകാൻ തോന്നുകയില്ല അവൻ ചെറുപ്പം മുതലേ അതുമായിട്ടാണ് അവൻ്റെ ബന്ധം ഈ നിറഞ്ഞ വലയും ഈ പടകും ഇട്ടേച്ച് ഇതിനേക്കാൾ ഇതിനെ ഉപേക്ഷിച്ച് വെച്ച് കർത്താവിൻ്റെ പുറകെ പോകാനോ നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ലേ നമ്മുടെ വീട് നമ്മുടെ കാറ് നമ്മുടെ വസ്തുവകൾ ഇത് ഇതൊക്കെ ഇതിനേക്കാൾ കുഞ്ഞ് കർത്താവിനെ സ്നേഹിക്കാനോ അങ്ങനെ വെക്കുമോ ഊവ് വർത്താവ് ആ നിലയിൽ ശിഷ്യത്വത്തിൻ്റെ ഒരു ഡിമാൻഡ് അങ്ങനെയാണ് വെക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ നമുക്കിതെല്ലാം ഉപയോഗിക്കാം പക്ഷേ ഇവയോടൊരു പ്രിയമുണ്ടാകാനായിട്ട് പാടില്ല നമുക്കറിയാമല്ലോ അബ്രഹാമിൻ്റെ കഥയെ അറിയാം അബ്രഹാമിന് എന്തില്ലായിരുന്നു മക്കളൊന്നുമില്ലായിരുന്നു മക്കളൊന്നുമില്ലായിരുന്നു മക്കളൊന്നും ഇല്ലായിരുന്നിരുന്നപ്പോൾ അബ്രഹാമിന് എന്താ കർത്താവ ഏറ്റവും പ്രധാനം അങ്ങനെ ഇരിക്കേ അബ്രഹാമിനൊരു മോനുണ്ടായി ഇസാഖുണ്ടായി ഇസാഖുണ്ടായിക്കഴിഞ്ഞപ്പം അബ്രഹാമിനോട് കർത്ത ദൈവം പറയുന്നു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ നീ എന്തോ ചെയ്യുക ഇവിടെ യാഗപീഠത്തിൽ വെക്കുക എന്ന് പറയും ഓ ഇത് നീ നേടിയതാ ഇസാക്ക് നിൻ്റേതാണ് നിൻ്റെ ഈ പൊസഷനെ നിൻ്റെ ഈ സമ്പാദ്യത്തെ നിനക്ക് യാഗപീഠത്തിൽ വെക്കാമോ ഒരു കാലത്ത് നിനക്ക് ഈ സമ്പാദ്യം ഇല്ലായിരുന്നു അന്ന് ദൈവമായിരുന്നു നിനക്ക് പ്രധാനം പക്ഷേ ഇന്ന് പതുക്കെ പതുക്കെ ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ കവിഞ്ഞ് ഈ നിലയിൽ ചില അടുപ്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അടുപ്പങ്ങളെ യാഗപീഠത്തിൽ വയ്ക്കുക എന്നാണ് അബ്രഹാമിനോട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ ആ സംഭവം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശിഷ്യത്വ ഈ പത്രോസിനോട് പറഞ്ഞ ഇതേ കാര്യം നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇവരെ കാണും നമ്മുടെ റിലേഷൻസ് നമ്മുടെ ബന്ധങ്ങൾ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൂട്ടുകാരാ യാക്കോബീ ഒഹന്നാനും നഥനയിലും തോമസും ഒക്കെ ഊണിലും ഉറക്കത്തിലും വേർപെടാതെ ഓ പത്രോസിനെ സ്നേഹിച്ചും പത്രോസിൻ്റെ കൂടെ നടന്ന ആളുകളാണ് നല്ല സ്നേഹിതരാണ് ബന്ധങ്ങളാ അപ്പനമ്മ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെക്കാൾ അവരോട് നിനക്കുള്ളതിനേക്കാൾ സ്നേഹം നിനക്കെന്നോടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാലിൻ്റെ ഇരുപത്തിമൂന്നിൽ പതിനാലിൻ്റെ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറിലെ കർത്താവ് പറയുന്ന ആ നിലയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തിയാറിൽ പറയുന്നു എൻ്റെ അടുക്കൽ വരെയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോന്മാരെയും സഹോദരികളെയും പായിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല ഈ രണ്ടാമത്തെ ശിശുത്വത്തിൻ്റെ ചോദ്യവും അവിടെ ചോദിക്കുന്നു മൂന്നാമത് നമ്മളെന്താ പറഞ്ഞത് മൂന്നാമത് അതേ ചോദ്യം തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കാണാം ഇവർക്കെല്ലാം ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട് യാക്കോബും യോഹനാനും ഒക്കെ സ്നേഹിക്കുന്നുണ്ട് യോഹന്നാൻ നെഞ്ചോട് ചേർന്നിരുന്നവനൊക്കെയാണ് അങ്ങനെ സ്നേഹിക്കുന്നു യേശു സ്നേഹിച്ച ശിഷു എന്നാണ് പേര് യേശു സ്നേഹിച്ചപ്പം അതിൻ്റെ ഒരു പ്രതിസ്പന്ദനായിട്ട് യോഹന്നാനും തിരിച്ചു കർത്താവിനെ സ്നേഹിച്ചു കാണും അങ്ങനെ ഇവർക്കെല്ലമുള്ള സ്നേഹം ഒരു അതിനേക്കാൾ കവിയുന്ന സ്നേഹം നിനക്കെന്നോടുണ്ടോ എന്ന് ചോദിച്ചാൽ അവന് അവൻ്റെ സ്വയത്തോടുള്ളതിനേക്കാൾ കവിഞ്ഞ ഏറ്റവും തീവ്രമായ സ്നേഹം സ്വന്തം ജീവനെയും പായിക്കുന്ന തരത്തിലുള്ള ആ നിലയിലുള്ള ശിഷ്യത്വത്തിൻ്റെ മൂന്നാമത്തെ പടിയിലുള്ള ആ സ്നേഹമുണ്ടോ എന്നാണ് കർത്താവ് ഇവിടെ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവര് നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഈ പത്രോസ് മൂന്ന് ചോദ്യങ്ങളുടെ മുമ്പാകെ പത്രോസ് എന്ത് ചെയ്തു പത്രോസ് അതിൻ്റെ മുൻപാകെ മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെട്ടു അവൻ തന്നെ തന്നെ ദൈവസന്നിധിയിലെ യഥാർത്ഥ അവസ്ഥ പറഞ്ഞു കർത്താവ് അവനെ തള്ളിക്കളഞ്ഞില്ല കർത്താവെ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു എന്നവൻ പറഞ്ഞു യേശു അവനോട് എൻ്റെ ആടുകളെ മേയ്ക്ക അവനെ ഒരിക്കൽ വിളിച്ചപ്പം ഏൽപ്പിച്ച അതേ ദൗത്യം തന്നെ നീ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്നു പറഞ്ഞ അതേ ദൗത്യം തന്നെ അവനെ ഏൽപ്പിച്ച് അവനെ വീണ്ടും തൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന ആ സ്നേഹത്തെയാണ് നമ്മളിവിടെ കാണുന്നത് നമുക്ക് നമ്മോടുള്ള ബന്ധത്തിൽ ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവും പത്രോസിനോട് ഇടപെട്ടതുപോലെ നമുക്കും കർത്താവിനോട് പറയാം കർത്താവേ ഒരു കാലത്തെനിക്ക് നീ ആയിരുന്നു എല്ലാം എന്നാൽ ഇന്നിപ്പോൾ പല കാര്യങ്ങളിടയിൽ വന്നിട്ടുണ്ട് അതൊന്നും തെറ്റായ കാര്യങ്ങളല്ല എൻ്റെ ബന്ധുമിത്രാദികൾ അവരെയൊക്കെ സ്നേഹിക്കണ്ടേ തീർച്ചയായിട്ടും സ്നേഹിക്കണം പക്ഷേ അവരേക്കാൾ കവിഞ്ഞ സ്നേഹം വേണം എന്ന് പറയുമ്പം അതെന്താ ഓ നമ്മൾ അപ്പനെയും അമ്മയും ഒക്കെ പകയ്ക്കുക എന്ന് പറയുമ്പോൾ പകയ്ക്കുക എന്നൊരു വാക്കാണ് പകയ്ക്കുന്നതിനെ ഒന്ന് യോഹന്നാൻ മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചിൽ എന്താ പറയുന്നത് പകയ്ക്കുക എന്ന വാക്കിനെ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ പതിനഞ്ചിൽ സഹോദരനെ പായിക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു അപ്പോൾ പായിക്കുക പറഞ്ഞാൽ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ ബന്ധങ്ങളാണ് പക്ഷേ അതിൻ്റെ അകത്ത് എവിടെയോ ഒരു വേർപാടുണ്ടാവണം വേർപാടുണ്ടാവണം നമ്മുടെ തന്നെ വസ്തുവകയുള്ള പക്ഷെ എവിടെയോ ഒരു വേർപാടുണ്ടാവണം ഓ നമ്മോട് തന്നെ ഉള്ള നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു പോകുന്നത് നമ്മളെ തന്നെ പക്ഷെ അതിനേക്കവിയുന്ന ഒരു സ്നേഹം കർത്താവിനോടുണ്ടാകണം കർത്താവ് ഇതാണ് ഉയർത്തിനേറ്റ കർത്താവ് പത്രോസിനോട് ആവശ്യപ്പെട്ടത് ഈ മൂന്ന് കാര്യങ്ങളാണെങ്കിൽ യേശു ക്രിസ്തു ഇന്നും എന്നേക്കും അനന്യൻ അവിടുത്തെ സ്വഭാവത്തിന് മാറ്റമില്ല ഇന്ന് നമ്മോട് ചോദിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആ സഭകളൊക്കെ ഉയർപ്പിനെ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് നമ്മളുമായിട്ട് ഒരഭിമുഖം നടത്തിയാൽ കർത്താവിനും പത്രോസിനോട് ചോദിച്ച ചോദ്യങ്ങളല്ലേ നമ്മളോട് ചോദിക്കാനുള്ളത് ഇതിൻ്റെ മുമ്പാകെ നമ്മൾ എന്താ മറുപടി പറയും നമുക്കെന്താ പറയാനുള്ളത് നമുക്ക് ദേവസ്വത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയും നൗക്ക <Num> പ്രാർത്ഥിക്ക <Num> <Num>